അതൊരു പ്രകടനമാണ് പക്ഷെ ഇവിടെ നാരദ മഹർഷി അതല്ല പ്രകടനത്തിന് വേണ്ടിയിട്ടല്ല ആ ഭക്തിക്ക് നഷ്ടപ്പെട്ടു പോയ ഉന്മേഷം എന്ന് പറയട്ടെ അത് വീണ്ടെടുത്ത് വീണ്ടെടുക്കാൻ വേണ്ടി ആ ഭക്തിയുടെ യോഗ്യതകളെ കുറിച്ച് നാരദമഹർഷി ഭക്തിയെ തന്നെ ഓർമ്മിപ്പിക്കുക ഹനുമാൻ എത്ര കണ്ട് യോഗ്യതയുണ്ട് ഹനുമാനെ ഒന്നും കണ്ട് ഓർമ്മിച്ചപ്പോഴേ ഹനുമാൻ ഒരു പ്രയാസവും കൂടാണ്ട് ആക്കരെ ലങ്കയിൽ ചാടി ചെന്ന് അവിടെ സീതാദേവിയെ കണ്ട് ഈ രാമചന്ദ്രൻ കൊടുത്തയച്ച ആ അങ്കുലീയകം നൽകാനും പകരം ദ സീതാദേവിയുടെ ആ ശിരോ മൗക്തികം തിരികെ കൊണ്ടുവരാനുമൊക്കെ സാധിച്ചുള്ളൂ ഇതുപോലെ പലർക്കും ജന്മനാസിദ്ധിച്ച കഴിവുകൾ നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ട് ചിലപ്പോൾ വികസിച്ചു വരില്ല സജനങ്ങളുടെ സൽഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജന്മസിദ്ധമായിട്ടുള്ള നമ്മുടെ കഴിവുകൾക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കുന്നത് എന്ന ഒരു സൂചന കൂടി ഭാഗവതത്തിൽ കൂടെ പല കഥകളിൽ കൂടി ഈ സജന സംസർഗത്തിന്റെ ആ ഒരു ഒരു ശക്തി അത് നമ്മുടെ മനസ്സ് നേരെയാവുന്ന കാര്യത്തിൽ എത്ര കണ്ടും സ്വാധീനം ചെലുത്തും എന്ന കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് കാവിലത്തിലാണെങ്കിലും ദായകാദശത്തിലാണെങ്കിലും ഒക്കെ അത് പറയുന്നുണ്ട് വാസുദേവർ ഊന്നി പറയണത് സദാ പ്രസംഗാൽ മമാ വീര്യ സംവിധോ ഭവന്തായന കഥ തജോഷണാൽ ആശു അപവർഗവർമനി ശ്രദ്ധാരതി ഭക്തി അനുക്രമിഷ്യതീ ഭക്തി ഉണ്ടാവാൻ ആദ്യം വേണ്ടത് സജനസംസർഗാണെന്നാണ് ഇവിടെ ഭക്തിയുടെ പോഷണം എന്ന ആ സിദ്ധി വിപുലമാവാനും സജനങ്ങളുടെ സമ്പർക്കവും സഹായവും ആവശ്യമാണ് എന്ന് വ്യോജിപ്പിക്കുന്ന ഒരു രംഗമാണ് അനുസ്മരിച്ചത് നാരദ മഹർഷി ഭക്തി ദേവിയോട് പറയുന്നത് ആദ്യത്തെ വാക്ക് വൃഥാ ഖേദയസേ ഈ വൃഥാഖേദയസേ എന്ന വാക്ക് വലം ഒരു ഭക്തി എന്ന വ്യക്തിയോടല്ല നാരദ മഹർഷി പറയണത് നാം ഓരോരുത്തരുടും നമ്മളൊക്കെ ദുഃഖിക്കണ്ട് നമ്മുടെ ഈ ദുഃഖം പലതും വൃഥ വലിയ ആവശ്യം നമ്മൾ ദുഃഖിക്കണേ ചില സന്ദർഭത്തിൽ നമ്മൾ ദുഃഖം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അതൊരലോകിയാവോ എന്ന് വിചാരിച്ച് നമ്മളും കൂട്ടത്തിൽ ചേർന്ന് അങ്ങോട്ട് ദുഃഖിക്കാറുണ്ട് കൂട്ടത്തിൽ ചേർന്ന് കരയാറുണ്ട് പല ദുഃഖങ്ങളും നമ്മൾ രണ്ടാമതൊരു നിമിഷം ആലോചിച്ചു ഞാൻ ദുഃഖിക്കണോ ആലോചിച്ചാൽ അത്ര ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഞാൻ ശുണ്ഠി എടുക്കണോ ഇനി അങ്ങനെ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് അദ്ദേഹം തോന്നുക കഥമായ ആദ്യം അദ്ദേഹം ആലോചിച്ചു ഞാൻ ശുണ്ഠി എടുക്കണമെന്ന് ശരി ശുണ്ഠി എടുത്തേക്കാം എന്ന് തോന്നി പക്ഷേ അപ്പഴാണ് ആലോചിച്ച ആരോടാ ശുണ്ഠി ഇത്രയേറെ ആളുകൾ ഇവിടെയുണ്ട് ഇത്ര ആളുകൾ എൻ്റെ ആളുകളെന്നും പറഞ്ഞ് എൻ്റെ കൂടെ ഇതിൽ ഞാൻ ആരോടാ ശുണ്ഠി എടുക്കണ്ടേ ഇങ്ങനെയൊക്കെ മനസ്സ് അല്പൊന്ന് ഒന്ന് ബുദ്ധിയുടെ സഹായത്തോടു കൂടി ഒന്ന് പ്രവർത്തിച്ചാൽ ദുഃഖത്തിന്റെ തീക്ഷണത കുറയും കോപത്തിന്റെ തീക്ഷണത കുറയും കാമത്തിന്റെ തീക്ഷണത കുറയും കണ് ഇത് മേടിക്കണോ അത് ഇത് മേടിക്കണോ എന്താ മേടിക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചു കൊണ്ട് സൂപ്പർ നമുക്ക് മേടിക്കേണ്ട സാധനം മേടിച്ചു പോന്നു അത്രയേ ഉള്ളൂ നേരെ മറിച്ച് എന്താ മേടിക്കണ്ടെന്നും തീരുമാനമില്ല പോക്കറ്റില് ഇല്ലെങ്കിൽ കുറെ പൈസയുണ്ട് കയ്യിൽ ഓണർ ചന്തയല്ലേ പോവാം അത് കാണുമ്പോൾ തോന്നുന്നു ഇത് ഇത്തിരി മേടിക്കാമെന്ന് അത് കാണുമ്പോൾ തോന്നുന്നു അത് മേടിക്കാന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നു ഇത് മേടിക്കാമെന്ന് ഇങ്ങനെ പലതും മേടിച്ചു കൊണ്ടുവന്ന അടുക്കളയിൽ എവിടെയൊക്കെയാണ് ഇത് വെക്കേണ്ടത് വിശ്വമില്ല ഷോക്കേസിൽ വെക്കാൻ പറ്റിയതല്ല എന്തിന് ഇങ്ങനെ ആകെ ആകെ അലങ്കോലപ്പെട്ടു പോകുന്നു കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ കാമമായാലും ശരി ക്രോധമായാലും ശരി ദുഃഖമായാലും ശരി നമ്മൾ വൃഥാ പലതും നമ്മൾ ഒരാവശ്യവും ഇല്ലാതെ കാമത്തിന്റെ പിന്നാലെ പോകുന്നു ഒരാവശ്യവും ഇല്ലാതെ കണ്ട് നാം ദുഃഖത്തിന് വിധേയരായി പോകുന്നു ഒരാവശ്യവും ഇല്ലാതെ കണ്ട് പലപ്പോഴും നാം ക്രുദ്ധന്മാരായിത്തീരുന്നു ഇതിന്റെ ആവശ്യമില്ല എന്നാണ് ഭാഗവതം നമ്മളെ പല പല ഭക്രന്മാരുടെ അനുഭവ കഥകളിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഗീതയിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് നത്വം ശോചിതും പരിഹസി ഭഗവാൻ ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളിലൂടെ മനുഷ്യനെ അർജുനന്റെ വിഷാദ യോഗമാണല്ലോ ഗീഹ പറയാൻ കാരണം അർജുനന് ദുഃഖം വന്നു നത്വം ശോചിതരിഹസി നീ ദുഃഖിക്കാനുള്ളവനല്ല മനുഷ്യന് ദുഃഖിക്കാൻ ഏത് ജന്തുവിനും സാധിക്കും പക്ഷേ പരമാനന്ദ സുഖണ്ടല്ലോ അത് മനുഷ്യനെ ആസ്വദിക്കാൻ പറ്റൂ അതുകൊണ്ട് നീ എന്തെന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എന്നുള്ള നിലയ്ക്ക് കരളെരിഞ്ഞാലും തല ചിരിക്കണം അതേ വിദൂഷകധർമ്മം അതാണ് ഭഗവാൻ കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം എന്ന് വേറെ സൂര്യസ്പർധി ഗിരീടെന്നൊക്കെ എഴുതാൻ തുടങ്ങിയതാ പട്ടതിരയേയ് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊന്നുമല്ല ഇതൊക്കെ ഏത് മഹാരാജാവിനോ ആവാം സാമൂഹിപ്പാടിനോ വരെ വേണമെങ്കിൽ ഒരു സൂര്യസ്പർധിഗിരിയുടെ വിടുന്നെങ്കിലും വെക്കാം പക്ഷെ ഈ രണ്ട് കാര്യമുണ്ടല്ലോ അത് ഗുരുവായൂരപ്പന് മാത്രമേ പറ്റുള്ളൂ കാരുണ്യാകുല നേത്രം ഇത് രണ്ടു ഭഗവാന്റെ മുഖമുദ്രകള് വൃതാ വൃഥാഖേദയസേ ഏറ്റവും ദുഃഖിക്കുന്ന ആളുകളുടെ ദുഃഖം പോലും കളയാൻ ഹാസം ഹരേ അവനതാഖില ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണം അത്യുദാരം അതാണ് ഭഗവാന്റെ പുഞ്ചിരിയുടെ ഭഗവാന്റെ പുഞ്ചിരിയുടെ അല്ല മനുഷ്യൻ്റെ പുഞ്ചിരിക്ക് അതിനുള്ള കഴിവുണ്ട് മനോഹരമായിട്ടൊരാൾ പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ കിടന്ന് അലമുറയിടാൻ ദുഃഖിക്കാൻ നമുക്ക് പറ്റില്ല മനോഹരമായിട്ടൊരാൾ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ മുമ്പിൽ നിന്ന് ഈ ക്രുദ്ധനായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉത്കടമായ ഭാവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ ഒരു പുഞ്ചിരിക്ക് കഴിവുണ്ട് കാളിയൻ ആയിരം ഫലങ്ങൾ ഫണങ്ങളുമായിട്ട് ഭഗവാനെ ഘോരഭണി ഭണം ആയിരവും ക്രൂരൻ വിടർത്തിയിട്ടൊരു ഉത്കോപവും പാരമായി കത്തി ഹരിയുടെ നേർക്കു പാഞ്ഞെത്തി അപ്പൊ എന്തേ ഭാഗവതത്തിൽ ശീഷ ബ്രഹ്മർഷി അവിടെ എഴുതിക്കുക സ്മിതസുന്ദരാസ്യ നമുക്ക് അറിയാം നമ്മളൊരു ഗൌളി താഴെ വീണാൽ പ്രയാസമായി ഒരു കൊതുമേത്ത് കടിച്ചാൽ പ്രയാസമായി ഭഗവാൻ വിഷസർപ്പം ആയിരം ആയിരം പണങ്ങളെ കൊണ്ട് അവിടുത്തെയുടെ മർമ്മങ്ങൾ തോറും കൊത്തിയപ്പോൾ സ്മിതസുന്ദരാസ്യഹ നത്വം ശോചിത മരിയാസിക്കും അയ്യോ ഏട്ടാ അയ്യോ അമ്മ അയ്യ അച്ഛ എന്നൊക്കെ കരഞ്ഞില്ല ഭഗവാൻ അപ്പോഴും ചെറിയ കാളിയമ്പാമ്പിന്റെ പത്തികൾ കാണുമ്പോഴും ചിറി പൂതന വിഷവും കൊണ്ടുവന്നപ്പോഴും ചിരി ചകടാസുരൻ മേത്ത് ചാട് ആയിട്ട് വന്ന് വീഴാൻ ശ്രമിച്ചപ്പോഴും ചിറി കൊടുങ്കാറ്റിൽ പെട്ട് താൻ മേലോട്ട് ഉയർന്നു ചിരി ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ചിരിക്കാൻ സാധിക്കുക അതാണ് മനുഷ്യന്റെ പ്രത്യേകമായിട്ട് ഉള്ള കഴിവ് ഈശ്വരൻ മനുഷ്യന് കൊടുത്തിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കഴിവാണ് അതിനെ യോജനപ്പെടുത്താണ് വേണ്ടത് വൃഥാ ഖേദയേ ബാലേ അഹോ ചിന്താ ഈ ഖേദം പലപ്പോഴും ഉണ്ടാവണത് ചിന്താതുരയാവുമ്പോഴ പല ദുഃഖവും വെറുതെ നമ്മൾ മനോരാജ്യം വിചാരിച്ചുണ്ടാക്കണതാ എന്താ ചെയ്തൊക്കെ ഇങ്ങോട്ട് കെട്ടി ആകെ ആകാശം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ ദുഃഖിക്കാൻ തുടങ്ങിയ അതിനെ ദുഃഖിക്കാനേ അവസരമുള്ളൂ നമ്മളുടെ ദുഃഖങ്ങളിൽ ഭൂരിപക്ഷവും മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഉണ്ടാക്കുന്നത് ഒരാവശ്യമില്ലാത്തതാ ചിന്താതുരയാവുന്നത് കൊണ്ടാണ് ബുദ്ധി വാസ്തവത്തിൽ മനസ്സിൻ്റെ ഈ ഭ്രമത്തിനെ കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് പ്രയോഗിക്കേണ്ടത് അതിനു പകരം മനസ്സുമായിട്ടുള്ള നിന്ന് ബുദ്ധി പോലും ഭ്രമം ബുദ്ധിക്ക് പോലും ഭ്രമം വന്നാൽ ചെയ്യും സ്വതവേ ബുദ്ധിയുടെ ആ ഒരു ഗുണം ബോധം എന്നുള്ളതും ഈ മനസ്സിൻ്റെ ഒരു സമ്പ്രദായം ഭ്രമം എന്നുള്ളതും ഇന്ദ്രിയങ്ങളുടെ സമ്പ്രദായം പ്രവൃത്തി എന്നുള്ളതുമൊക്കെയാണല്ലോ ഈ ഇന്ദ്രിയങ്ങള് മനസ്സിനെ സ്വാധീനിക്കുക മനസ്സ് ബുദ്ധിയെ സ്വാധീനിക്കുക അങ്ങനെയായ ആകെ തകടം മറിയും നേരെ ബുദ്ധി മനസ്സിന് സഹായമായിട്ട് നിൽക്കുക മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കുക അപ്പോഴാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് തീരുക നമ്മളൊക്കെ പലപ്പോഴും ചിന്താ ആവശ്യത്തിലേറെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് വിചാരിച്ച് എന്തിനാ ഇങ്ങനെ മനസ്സ് മനസ്സ് പലതും വിചാരിക്കണേന് പകരം നാരദമർഷിയുടെ അഭിപ്രായത്തിൽ ശ്രീകൃഷ്ണ ചരണം സ്മര എന്തായാലും മനസ്സിനെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു ഭഗവാന്റെ ശ്രീവാദത്തിൽ ഉറച്ചു നിന്നോളൂ മനസ്സേ എന്തെങ്കിലും മനോരാജ്യം വിചാരിക്കണമെന്നുണ്ടെങ്കിൽ യോഗീന്ദ്രാണാം അധിക സു മുക്തിഭാജ നിവാസോ ഭക്രാമവർഷദ്യുതരൂഖി സലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മെയ് പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃദ്രശേഷൻ പ്രതിശതൂ പരമാനന്ദ സന്തോഹലക്ഷ്മി മനസ്സ് ഭഗവാന്റെ ശ്രീവാദത്തിൽ ഏകാഗ്രമായി നിന്നാൽ പിന്നെ പരമാനന്ദ സന്തോഷാണ് അല്ലാതെ വേറെ ദുഃഖങ്ങളൊന്നുമില്ല ദുഃഖങ്ങളൊന്നുമില്ല എല്ലാ ക്ലേശങ്ങളും മനസ്സിൽ നിന്ന് പോവും ശ്രീകൃഷ്ണശരണം ഭോജം സ്മരാ ദുഃഖം ഗമിഷ്യതി ശ്രീകൃഷ്ണശരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി ഭക്തിയോട് നീ ആരാണെന്ന് നിനക്കറിയാമോ നാരദ മഹർഷി ചോദിച്ചാ ഒരു ചോദ്യം ഭക്തി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ജയതീ ജഗതീ മായാധവസ്തത്തെ വചനരശനം ഏകം കേ ധ്രുവപദമിയാതോയൽ കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം അതാസ്മി ശ്രീനാരദ മഹർഷിയുടെ ശ്രീപാദത്തിൽ ഒന്ന് നമസ്കരിക്കുക മാത്രം ചെയ്തു രുക്മിണി ഇനി ആ ഭഗവാനെ കൊണ്ടുവന്ന ആ മഹാബ്രാഹ്മണന്റെ സജ്ജനത്തിന്റെ ശ്രീവാദത്തിൽ പശ്യന്തീ ബ്രാഹ്മണായ പ്രിയമന്യം നമാമസ അതുപോലെ ഒന്ന് നമസ്കരിച്ചു പറഞ്ഞു ത്വം പ്രിയ തസ്യ സതതം പ്രാണതോധിക ഭഗവാന് സ്വന്തം പ്രാണനേക്കാൾ നിന്നോട് ബഹുമാനാണ് ത്വ ആഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ നീയൊന്ന് വിളിച്ചാൽ മതി എവിടെ വിളി പൊങ്കുമാ അവിടെ ഭഗവാൻ വരും ഭക്തി ഒന്ന് ഉറക്ക വിളിച്ചാൽ യാൗപതിരുണാമൂർത്തേ സാ ത്വരാ ഹരേ എന്നൊരു ഭക്രൻ ഉറക്ക വിളിച്ചാൽ ഭക്തി ഉറക്ക വിളിച്ചാൽ ഭഗവാൻ അവിടെ വരിക തന്നെ ചെയ്യും ഭഗവാൻ ഭക്തിയോട് ചില പൂർവ്വ ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചു ഹനുമാന് പണ്ടുണ്ടായിരുന്ന ശക്തിയും ആ ശക്തിക്ക് അല്പം ഒരു ക്ഷയം സംഭവിച്ചതും വീണ്ടും ആ ശക്തിക്ക് ആ ലഭിച്ചതും മറ്റുമായ കാര്യങ്ങളെ കുറിച്ച് അനുസ്മരിക്കുന്നത് പോലെ പറഞ്ഞു പണ്ട് കാലത്ത് പൊതുവെ നാല് യുഗം എന്നാണല്ലോ ഒരു നമ്മുടെ കൃതം ത്രേത ദ്വാപരഞ്ജ കലിശ്ചേതി ചതുര്യുഗം ഇങ്ങനെ നാല് യുഗങ്ങളാണ് പൊതുവെ ഉള്ളത് ഈ യുഗങ്ങൾ ചേർന്ന് അനേകം ചതുരയുഗങ്ങൾ ചേരുമ്പോൾ മന്വന്തരങ്ങള് മന്വന്തരങ്ങൾ ചേർന്ന് ബ്രഹ്മദേവന്റെ പകല് ബ്രഹ്മദേവന്റെ രാത്രി അങ്ങനെ ബ്രഹ്മദേവന്റെ കുറമാസങ്ങള് ബ്രഹ്മദേവന്റെ കുറ സംവത്സരങ്ങള് ബ്രഹ്മദേവനന്റെ നൂറ് വയസ്സ് ബ്രഹ്മദേവന്റെ പര്യവസാനം ഇങ്ങനെയൊക്കെയാണ് പ്രളയം വരെയുള്ള കാലഗണന പതിവുള്ളത് അതിൽ പൊതുവെ നമുക്ക് ഇപ്പോഴും കഷ്ടിച്ചപ്പോ നമ്മള് കലിയുഗത്തിലെ എത്രയാ അഞ്ഞൂറ്റി രണ്ടാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നു ബി സി രണ്ടായിരം ആണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇന്നത്തെ ആളുകൾക്ക് ഈ കലിയുഗം ആരംഭിച്ചിട്ട് അയ്യായിരം സംവത്സരവും ഒരു നൂറ്റാണ്ടും കഴിഞ്ഞു എന്നിട്ട് രണ്ടാമത്തെ നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ ഈ കൊല്ലം സത്കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഈ കാലഘട്ടങ്ങളിൽ ബോധവൈരാഗ്യവും മുക്തി സാധകവും അന്ന് മനുഷ്യന് ഭക്തിയേക്കാൾ പൊതുവേ ഒരു താല്പര്യം മുക്തിയോടായിരുന്നു മുക്തി എന്ന് പറഞ്ഞാൽ ദുഃഖ നിവൃത്തി തന്നെയാണ് മുക്തി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് എന്നാല കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മുക്തി ഇതൊക്കെ അന്നത്തെ ആൾ കാരണം ബോധവും വൈരാഗ്യമുള്ള ആൾക്കാരവര് നല്ല ബുദ്ധിയുണ്ട് അവരുടെ ബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഗതി വിഗതികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ നശ്വരങ്ങളാണ് ക്ഷണികങ്ങളാണ് ഉതുകോള പോലെയാണ് എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് വൈരാഗ്യം വരും ഈ വിഷയങ്ങളിൽ അത്യാസക്തി കുറയും ആഘാതം നീയമാനസ്യ വധ്യസ്യേവ നുഷ്ടിത കൊലക്കയർ കഴുത്തിൽ വീഴാൻ പോണു രണ്ടു മൂന്ന് മിനിറ്റും കൂടി താമസമുണ്ട് താൻ്റെ അത് നല്ല കണ്ണമ്പതാ രണ്ടെണ്ണം തിന്നാ എന്നും കൊലയാളിക്ക് കൊണ്ടു കൊടുത്താൽ അയാൾക്ക് പറ്റുമോ പറ്റില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല നല്ല തണുത്ത വെള്ളമാണ് നാരങ്ങ വെള്ളമാണ് കുടിച്ചോളുക എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ രണ്ട് മുന്തിരിങ്ങയെ തിന്നാൻ കൊടുത്താൽ പറ്റില്ല ആഘാതം നീയമാനസ്യവധ്യസ്യവമാ തുഷ്ടിരാ അപ്പൊ മുന്തിരിങ്ങയോടും കമ്പല്ല കൂൾഡ്രിക് തണുത്ത വെള്ളത്തിനോടും ചുക്കവെള്ളാലും ഒന്നും വയ്യ അയാൾക്ക് ഇല്ലെങ്കിൽ നെയ്യൂട്ടിലുള്ള തിരിവെണ്ണയെ കൊണ്ട് ഇല്ലെങ്കിൽ അമ്പലത്തിന് കൊണ്ടുവന്ന പ്രസാദാണ് ത്രിമുധരാണ് ഗുരുവായൂർന്ന് കൊണ്ടുവന്നതാണ് ആഘാതം നീയമാനസ്യ വധ്യസ്യേ വന്ന തുഷ്ടിര കൊലച്ചോറ് ഒക്കെ നമ്മൾ പറയാറുണ്ട് കൊലപാതകം അയലെ കൊല്ലണയിന് മുമ്പ് ചോറ് കൊടുത്താൽ ഇതുപോലെ മനുഷ്യന് ഈ വിഷയങ്ങളിലുള്ള ആസക്തി ഇതൊക്കെ വളരെ ക്ഷണികാണ് എന്ന് ബോധ്യം വരുമ്പോൾ അപ്പോൾ അതിനോടുള്ള ആവേശം കുറഞ്ഞു വരും ഈശ്വരനോട് പരമജ്ഞാന സ്വരൂപിയായ ഈശ്വരനോടാവും മനുഷ്യന് അഭി ആഭിമുഖ്യം അപ്പോൾ ഈ മനസ്സിന്റെ ചാഞ്ചല്യത്തിൽ നിന്ന് അയാൾക്ക് മുക്തി കിട്ടും എന്തുവന്നാലും മനസ്സിന് ഒന്നുമില്ല ശാന്തി ഓം ശാന്തി ശാന്തി ശാന്തി അങ്ങനെ പരമമായ ശാന്തി അനുഭവപ്പെട്ടിരുന്നു ഏത് പഴയ കാലത്ത് കൃതയുഗത്തില് അന്ന് ബോധവൈരാഗ്യവും മുക്തി സാധകവും മുക്തിയാണ് മനുഷ്യന് ആവശ്യം ഈ മുക്തിക്ക് സഹായകമായിട്ട് ബുദ്ധിയും ബോധവും അല്ലെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവും എന്നും തുണയുണ്ടായിരുന്നു പക്ഷേ കലൌതൂ കലികാലായപ്പോഴേക്കും സമ്പ്രദായത്തിനൊരു മാറ്റം വന്നു മുക്തിക്ക് എന്തോ ഇപ്പോ നാമത് പഴയ പോലെ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഉന്മേഷം പോരാ ജ്ഞാനവൈരാഗ്യങ്ങൾക്കാണെങ്കിൽ പണ്ടത്തെ പോലെയൊന്നും പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടതുപോലെ അപ്പോഴാണ് ഭഗവാൻ ഭഗവത് പ്രേമരൂപയായ ഈ ഭക്തിയെ ജനങ്ങളുടെ ഇടയിലേക്ക് എന്തായാലും ജനങ്ങൾക്ക് മനസ്സിന് ക്ലേശ ഇല്ലാതെ ഉണ്ടാക്കുക അതാണല്ലോ ആനന്ദരൂപിയായ അവിടുത്തെ പ്രപഞ്ച സംരക്ഷണ ശൈലി അപ്പോൾ കേവലാ ഭക്തി അതും കേവലയായ ഭക്തി അഹൈതുകി അവ്യവഹിതാ ഭക്തി കേവല ഭക്തിയും മറ്റു ഭക്തിയും തമ്മിൽ വളരെ മാറ്റങ്ങളുണ്ട് കാവിലത്തിലൊക്കെ ഭഗവാനാവുക ഭക്തിയുടെ തന്നെ വിവിധ സമ്പ്രദായങ്ങളെ വളരെ പറയുന്നുണ്ട് ഏകാദശത്തിലും പറയുന്നുണ്ട് ഇവിടെ കേവലാ ഭക്തി കേവലയായ ഭക്തിയെ ഭഗവാൻ ഈ മനുഷ്യ മനസ്സുകൾക്ക് ആനന്ദരസം പകർന്നുകൊടുക്കുക ഭഗവാൻ പണ്ടൊരു മോഹിനി രൂപം എടുത്ത് ദേവന്മാർക്കൊക്കെ അമൃതു വിളമ്പി കൊടുത്തില്ലേ ഇതുപോലെ ഇപ്പോൾ ആ ചുമതല ഭക്തിക്ക് നൽകി ഭഗവാൻ ഭഗവാനോട് ചോദിച്ചു ഭക്തിദേവിയെ ഭഗവാൻ സൃഷ്ടിച്ചപ്പോൾ കുറച്ചുനേരം ഭക്തി ഭഗവാനെ തൊഴുതു നിന്നു എന്നിട്ട് ഭഗവാനോട് ചോദിച്ചു എന്താണോ അടിയൻ ചെയ്യേണ്ടത് പറഞ്ഞു ത്വാം ത്വാജ്ഞാപയൽ കൃഷ്ണ മത്ഭക്താൻ പോഷയേതിച ഭക്തിക്ക് നൽകിയ ഒരു ഡ്യൂട്ടി എന്റെ ഭക്രന്മാരായിട്ടുള്ള ആളുകൾക്ക് എന്നെ വളരെ എന്തെല്ലാമോ കൗതുകങ്ങളുണ്ട് മനസ്സിൽ അങ്ങനെ അവർക്കുള്ള ആ ഈശ്വരാഭിമുഖ്യത്തെ നീ കുറെ കൂടി ശ്രമിക്കൂ ഈശ്വരനോടുള്ള ആസ്തിക്യബോധത്തെ കുറെ കൂടി ശ്രമിക്കൂ ഇതാണ് ഭക്തിക്ക് ഭഗവാൻ നൽകിയ നിർദ്ദേശം അപ്പൊ ഭക്തി വൈകുണ്ഠത്തിലുള്ള ആളുകൾ ഭക്തൻ എന്നല്ലേ പറഞ്ഞേ വൈകുണ്ഠത്തിലുള്ള ആളുകളൊക്കെ ഭക്തന്മാരാവും എല്ലാവിധ ക്ലേശങ്ങളും വിട്ട് സച്ചിദാനന്ദ ലോകം അതാണ് വൈകുണ്ഠലോകം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകം നമുക്കൊക്കെ മറ്റേ ആസക്തികളുടേതായിട്ടുള്ള ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കണത് പക്ഷെ ഭക്തന്മാര് ജീവിക്കുന്നത് ആനന്ദത്തിൻ്റെതായിട്ടുള്ള ലോകത്തിലാണ് അതാണ് വൈകുണ്ഠം കുണ്ഠിതങ്ങളൊന്നുമില്ല വികുണ്ഠൻ വികുണ്ഠതയാണ് ശാന്തി മാത്രം ആനന്ദം മാത്രം അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം പക്ഷെ അത്തരം ആളുകൾക്ക് പോലും ചിലപ്പോൾ ഒരു ഒരു ഉത്സാഹം ഉന്മേഷം പോരാതെ വരാം അവരെ ഉന്മേഷഭരിതരാക്കി തീർക്കുക അവർക്കുള്ള ആനന്ദ രസത്തെ പിന്നെയും പിബതാ മുഹുപ്പിബത പിബതാ മുഹുപ്പിബത ഭാഗവതം രസം ആലയം പിബത മുഹുപ്പിബത അതായത് ഇനിയും കഴിച്ചോളൂ ഇനിയും കഴിച്ചോളൂ പായസത്തിലൊക്കെ നല്ല താല്പര്യമുള്ള ആളുകൾക്ക് പിന്നെയും പിന്നെയും പായസം വിളമ്പിക്കൊടുത്തോളൂ ഇതുപോലെ ഭക്തിയുള്ള ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഭക്തി രസം ആസ്വദിക്കാനുള്ള ആ ഒരു അവസരം ആ ഒരു ഡ്യൂട്ടി ആണ് ഭഗവാൻ ഭക്തിക്ക് അന്ന് നൽകിയത് അംഗീകൃതം ത്വയാ തദ്വൈ നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ നിശ്ചയില്ലേ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കൂ പണ്ട് നമ്മൾ കഴിഞ്ഞ ആ കാലങ്ങളൊക്കെ ഓർമ്മിച്ചാൽ ഇന്ന് ഇനി വിടുന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിതശൈലിയെ കുറച്ചുകൂടി നമുക്ക് ബോധപൂർവം നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കും നാരദ മഹർഷി പറഞ്ഞു നീ ഭഗവാന്റെ ആ ആജ്ഞ ശിരസാ വഹിച്ചു എന്നിട്ട് വൈകുണ്ഠേ ത്വം കരോഷിച്ച വൈകുണ്ഠത്തില് നീ നിന്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു അപ്പോഴാണ് ഭഗവാൻ ഒരു പ്രമോഷൻ ആണോ ഇപ്പം എങ്ങനെയത് പറയുക എന്ന് വെച്ചില്ല വൈകുണ്ഠത്തിൽ മാത്രം നിൻ്റെ ഈ ഡ്യൂട്ടി വൈകുണ്ഠത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നാൽ പോരാ ഇവിടെ നീ വളരെ ഭംഗിയായിട്ട് നിൻ്റെ ഡ്യൂട്ടി ചെയ്തു ഇനീ നീ ഒരു കാര്യം ചെയ്യൂ ഈ ഗതാഭൂ ഭൂലോകത്തിൽ ചെന്ന് ഭൂമിയിലുള്ള ജീവാത്മാക്കൾക്ക് ഈശ്വരനോട് തോന്നുന്ന ആഭിമുഖ്യം കുറെ കൂടി പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നീ ശ്രമം ആരംഭിക്കൂ എന്ന് ഭഗവാൻ നിന്നോട് പറഞ്ഞു അപ്പോൾ ഭക്തിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി ഇത്രയും നാൾ വൈകുണ്ഠത്തിൽ വലിയ ഉദ്യോഗം ചെയ്യും ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ ഐ ഐ എസ് ഉദ്യോഗം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ഭൂമിയിലോ സ സ്വർഗ്ഗത്തിനും ലോകങ്ങൾക്കും അപ്പുറത്തുള്ള സച്ചിദാനന്ദ ലോകത്തിൽ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയോട് പ്രമോഷൻ കൊടുത്തുകൊണ്ടാണെങ്കിൽ പോലും ഭൂമിയിൽ പോയി ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭക്തിക്ക് അല്പം ഒരു പ്രയാസം വന്നതുപോലെ എന്നിട്ട് ഛായാരൂപം ത്വയാകൃതം അങ്ങനെയില്ലേ ഒരു ഒരു ഭക്തിയുടെ നിഴൽ ആണ് ഭൂമിയിൽ ഡ്യൂട്ടി ചെയ്യാൻ വന്നത് അത് ഭഗവാന് അത്ര അത്രയും അങ്ങോട്ട് തൃപ്തിയായില്ല ഒരു ഡ്യൂട്ടിയെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു നിഴൽ പോലെ ഇല്ലെങ്കിൽ ഡ്യൂപ്ലി ഒരു ഡമ്മി ആയിട്ടൊരാള് മതിയോ ആ ഡ്യൂട്ടി ചെയ്യാൻ തന്നെ ഒരു ഡ്യൂട്ടിയെ വേറൊരാളെ കൊണ്ട് പ്രേഷണ പ്രേഷണം താൻ പോയി ചെയ്തോളാം ഞാൻ ഞാൻ ഉണ്ട് എപ്പോഴും കൂടെയുണ്ട് ഏ ഞാൻ എപ്പോഴും നോക്ക് അങ്ങനെ ഛായാ അങ്ങനെ ഛായാ സീതയാണ് രാവണൻ തട്ടി കൊണ്ടുപോയത് എന്നൊക്കെ നമുക്കൊരു സങ്കല്പല്ലേ ഇതുപോലെ ഛായാഭക്തി നമുക്കൊക്കെ അങ്ങനെ ഛായാഭക്തിയാണോ ഉള്ളത് ഉള്ള ഭക്തിയുടെ ഒരു ഛായക്കെ ആയിട്ടുള്ളൂ എന്ന് വരെ ഭാഗവതത്തിനൊക്കെ അഭിപ്രായം ഉണ്ടോ ഏതായാലും ഭൂമിയിൽ ഉള്ള ആളുകൾക്ക് ഭക്തിയുടെ ഒരു നിഴലേ അവരുടെ ശരിയായ ഭക്തി അവർക്ക് പൂർണമായിട്ടില്ല അത് ഭഗവാന്റെ ശ്രീവാദത്തിൽ എന്നേക്കുമായിട്ട് ചേക്കേറിയ ആളുകൾക്ക് ശരിയായ ഭക്തി ഉണ്ടാവുള്ളൂ മനോമയർപ്പിതം സ്ഥിരം ഏതാവാൻ ഭക്തി യോഗേന മനോമയർപ്പിതം സ്ഥിരം തീവ്രമായ ഭക്തി സ്വച്ഛന്ദ ഭക്തി അവ്യവഹിതയായ ഭക്തി അഹൈതുകിയായ ഭക്തി ഇതൊക്കെ ഒരുപക്ഷെ ഭൂമിയിലുള്ള ആളുകൾക്ക് സ്വാധീനമായി തരാൻ ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച് വലിയ ശീലല്ലെങ്കിൽ ഞാൻ പണ്ട് നീ ഇപ്പോൾ ഏറ്റെടുത്ത ഇതേ രംഗത്ത് പ്രവർത്തിച്ച മൂന്നുപേരെ നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വിട്ടുതരാമെന്ന് പറഞ്ഞു അപ്പോ ഭക്തി ഇന്നി അല്ല ഒന്ന് നോക്കാം നായി ആരെ അസിസ്റ്റന്റായിട്ട് വിട്ടത് ഒന്നാമത് മുക്തിയെ തന്നെ പിന്നെ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെയും നിന്റെ സഹായത്തിനായിട്ട് ഭഗവാൻ വിട്ടു തന്നു മഹാനന്ദേന സംസ്ഥിത ഇപ്പൊ ഭക്തിക്ക് വളരെ രസമായി തനിക്ക് സഹായത്തിന് ആളുണ്ട് മിട്ടുമിട്ടുക്കന്മാരായ രണ്ട് കുട്ടികൾ കൂടെ യുവാക്കള് അതുപോലെ മുക്തി നല്ല പ്രവൃത്തി ഒരു സ്ത്രീ കൂടെ ഉണ്ട് തനിക്ക് അതിൻ്റെ ആ ഒരു സൂപ്പർവിഷൻ മാത്രമേ വേണ്ടൂ പ്രവൃത്തിയൊക്കെ അവർ ചെയ്തോളൂ അങ്ങനെ ഭക്തി കുറനാള് മഹാനന്ദേനു സംസ്ഥിതാ മുക്തി ജ്ഞാനം വിരക്തിചാ സഹകൃത്വ ഇവരൊപ്പണ്ടേനെയും സഹായത്തിന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുതിക്ക് ആകെ ഒരു മടുപ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഇന്നത്തെ സമ്പ്രദായ ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയാ നോക്കിയാൽ ആദ്യം താൻ ചെയ്തിരുന്നൊരു ഡ്യൂട്ടി എല്ലാ ചുമതലയും തനിക്കായിരുന്നു ഒടുവിൽ താൻ അത് വയ്യാന്നും പറഞ്ഞ് മാറി ഒഴിവായി അവിടെ ആ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ട് നിയമിച്ചു പോരാ അയാളുടെ താഴെ തന്നെ ഡ്യൂട്ടിക്ക് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നില്ലേ ഇതിനൊക്കെ പുറമേ പാക ആളുകൾക്ക് ഇപ്പോൾ മുക്തിയോട് പണ്ടത്തെ അത്ര ഒരു ഒരു പണ്ട് മുക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് അവർക്കൊരു ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മുക്തിയോട് അങ്ങനെ വലിയ താല്പര്യ ഭക്തിയോടാണ് ഈ ഒരു നേരിയ കമ്പൊക്കെ ഉണ്ടേനേ അതായി തീർന്നു ആൾക്കാരുടെ പ്രകൃതം അങ്ങനെ വന്നപ്പോൾ മുക്തി ആയാതി ഇടയ്ക്കിടയ്ക്ക് ലീവ് പോലും എടുക്കാണ്ട് ഭക്തിക്ക് ഒരു ഫോൺ ചെയ്യും ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ ഡ്യൂട്ടിക്ക് ലീവ് ലെറ്റർ പോലും ഇല്ലാണ്ട് ഏണ്ട് ലീവോ ലീവോ ഇല്ലെങ്കിൽ ഒരു ലീവ് ആയാദി ആയാതി മുക്തി അവിടുന്ന് ഒരു പോക്ക് പോകും പിന്നെ വല്ലപ്പോഴൊക്കെയാ വരിക എന്താ എന്താ അവിടെ ആർക്കെങ്കിലും മുക്തി ആവശ്യമുണ്ടോ വല്ലപ്പോഴിടയ്ക്ക് വരും വല്ലപ്പോഴയ്ക്ക് ഭക്തിക്ക് സഹായത്തിന് വരും അത് കഴിഞ്ഞാൽ ആയാതി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ചോദിക്കേയ് ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് വിട്ടതല്ലേ മുക്തി പിന്നെ എന്താ ഇങ്ങോട്ട് വന്നേ അല്ല ഞാനേ ഞാനും വൈരാഗ്യവും ഭക്തിയുടെ കൂടെയുണ്ട് എനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൻ പറ്റില്ല ചെല്ലു ചെല്ലു എന്ന് ഭഗവാൻ പറയുമ്പോൾ യാതി ച വീണ്ടും ഭൂമിയിൽ വരും കുറച്ചു നാളിവിടെ കഴിയും പിന്നെ ഭക്തി വീണ്ടും മുക്തി വീണ്ടും പോവും ഇങ്ങനെ മുക്തി ആയാതീയാത്രീകൃത്യാ ഇമൌ ഇപ്പതേ ഭക്തിയുടെ മുമ്പില് ഈ ജ്ഞാനവും വൈരാഗ്യവും കിളവന്മാരായിട്ട് കിടക്കുക എണീക്കാൻ പോലും ശേഷിയില്ലാണ്ട് അന്യശ്വാസം വലിക്കുകയാണെന്ന് തോന്നും ആ സന്ദർഭത്തിൽ ആ മഹർഷി ചെന്ന് ഭക്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ ഈ കുട്ടികളില്ലേ കുട്ടികളെന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് പടുകളളവന്മാരാണെന്നേ തോന്നുള്ളൂ പക്ഷെ ഭക്തിക്ക് അറിയാൻ ഇവര് കുട്ടികളാണ് ചെറുപ്പക്കാരാണ് അകാല വാർദ്ധക്യം വന്നത് ആ വന്നില്ലേ അകാലത്തിൽ ജരാനരകള് ദുർവാസത്തിന്റെ ശാപം കൊണ്ട് ഇപ്പോൾ ഈ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും പണ്ടത്തെ പോലെ ചോടിയും ചോണയൊന്നുമില്ല അവരൊക്കെ ഒന്ന് നിശ്ചേഷ്ടരായിട്ട് ഈ ഇയായിയായിട്ട് മുക്തി വരാറേയില്ല ജ്ഞാനവും വൈരാഗ്യമാണെങ്കിൽ തീരെ കിടപ്പിലുമായി തഥാപി ചിന്ത ഇതുകൊണ്ടൊന്നും നീ ബുദ്ധിമുട്ടണ്ട നിനക്കിപ്പോ സഹായത്തിന് ആരുല്ലാണ്ടായി എന്നുള്ളൊരു ഗതിയല്ലേ മുക്കുതി സഹായത്തിനില്ല ജ്ഞാനവൈരാഗ്യങ്ങളാണെങ്കി ആകെ ക്ഷ വലാണ്ട് അവശരം ക്ഷീണിച്ച അവശരായിരിക്കണം ഞാന് ഈ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കട്ടെ ഭഗവാനെ ഗുരുവായൂരപ്പാ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അവിടുന്ന് കണ്ടെത്തി തന്നെ വേണെട്ടോ അതല്ലെങ്കിൽ നാഹം ഹരേർ എനിക്ക് അവിടുന്ന് ഹരിദാസൻ എന്നൊക്കെ ഒരു ഒരു തന്നിട്ടുണ്ട് നാരദൻ നമ്മൾ പറയണതാ ഭാഗവതത്തിൽ കാണാൻ നാരദന്റെ പേര് നാരദൻ പേരല്ല അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആണല്ലേ ഒരു പ്രവൃത്തി തൊഴിലാണ് തൊഴിലാണ് നാരദൻ നാരം ഇതി നാരദാഹ ആളുകളെ ഈശ്വരോന്മുഖൻ ഈ ഭഗവാന്റെ ശ്രീപാദത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ആള് ആ അർത്ഥത്തിലാണ് നാരദൻ എന്നുള്ള വാക്ക് പക്ഷെ ശരിക്കും അദ്ദേഹം ഹരേർദാസ അഹം ഹരി തവ പാതൈകമൂലാസോ ഭവിദാസ്മി അഹം ഹരി തവ പാതൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഇങ്ങനെ ഭക്തന്മാർക്ക് ഭഗവാന്റെ ദാസ്യം സഖ്യം ഈ രീതിയിലുള്ള മൈത്രി ഇതൊക്കെ ആവശ്യമുള്ളു അങ്ങനെ ഹരിദാസൻ ഹരിദാസൻ എന്ന അടിയന്റെ പേര് അന്വർത്ഥമായി തീരണമെങ്കിൽ ഭഗവാനേ ഇതാ അവിടുന്ന് ഭക്താനാം പോഷണായ ഭക്തന്മാരൊക്കെ കൂടുതൽ ഭക്തി വളർത്താൻ വേണ്ടി അവിടുന്ന് നിയോഗിച്ച കുട്ടിയുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണം ഈ കുട്ടിയുടെ മക്കളെ പോലെ ഈ കുട്ടി കരുതുന്ന ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും അവിടുന്ന് തന്നെ വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കണം നൃണാം ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിരി എളുപ്പമൊന്നുമല്ല ഭക്തീയെ പോഷിപ്പിക്ക ഭക്തി മനുഷ്യ ഹൃദയങ്ങളെ പോഷിപ്പിക്കുന്നു ആ ഭക്തിക്ക് പുഷ്ടിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേർതങ്ങളെ പോഷിപ്പിക്കുക ഭക്തി തന്നെ ആകെ അവശ്യയായിട്ട് കിടക്കണു ജ്ഞാനവൈരാഗ്യങ്ങളാണെങ്കിൽ അതിലും അവശ്യമായിട്ട് കിടക്കണു അപ്പൊ പിന്നെ ഇവരെ കൊണ്ട് എന്താ മനുഷ്യലോകത്തിനൊരു പ്രയോജനം മുക്തിയും വേണ്ട ഭക്തിയും വേണ്ട ജ്ഞാനവും വേണ്ട വൈരാഗ്യവും വേണ്ട ഈ ഒരു നില മനുഷ്യൻ സ്വീകരിച്ചാൽ പിന്നെ ഭഗവാനെ ഗുരുവായൂരപ്പ അടിയന് ഈ നാട്ടിൽ നടന്നിട്ട് എന്താ കാര്യം ഹരേർദാസഹ എല്ലാവരിലും ശ്രീഹരിയെ കണ്ട് എല്ലാവരെയും എല്ലാവരെയും മാനവസേവ മാധവസേവ മാനവ മാധവസേവ മാനവസേവ മാധവസേവ ഇത് ജീവിതത്തിലെ ഹൃദയത്തുടിപ്പായിട്ട് ശ്വാസോച്ഛ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ഈയുള്ളവന് ഈ ഒരു നില കണ്ട് സഹിക്കാം വയ്യ ഗുരുവായൂരപ്പ ഭക്തിയോട് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് നാരദൻ പുറപ്പെട്ടു താന് ഒരു ഭക്തിദേവി കേൾക്കെ ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ ഹരിദാസനല്ല ഞാൻ ഹരിദാസനല്ല സ്വല്പര അബദ്ധം പറ്റിയോ തനിക്ക് ഞാൻ എന്നുള്ള ചിന്തയുടെ ആവശ്യം അവിടെ ഞാൻ എന്ന ഭാവം അല്പം കൂടിപ്പോയോ ഇതാണ് ഭാഗവതത്തിൽ രണ്ടാമത് വളരെ ഊന്നി പറയുന്ന മറ്റൊരു കാര്യമായി ഞാൻ എന്ന ഭാവം അത് എത്ര നേരത്തെ പറഞ്ഞ പ്രമാണം തത്ര ഗോപികാ എന്ന് പറയുന്ന ആ ഗോപിമാർക്ക് പോലും താസാ തൽ സൗഭഗമതം വീക്ഷ പ്രശമായ പ്രസാദായ തരധീയത അതുപോലെ നാരദനായാൽ പോലും ഞാൻ ഉള്ള ഭാവം പക്ഷേ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് കൃഷ്ണകൃഷ്ണാ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാ ഇതിനെന്താ ഒരു പരിഹാരം ഇതിനെന്താ ഒരു പരിഹാരം എന്നിങ്ങനെ ആലോചിച്ചു നടക്കുമ്പോൾ എവിടെ നിന്നും ഒരശരീര് കേൾക്കുകയാണ് ഭഗവാൻ തന്നെ ഒരു പക്ഷെ ഭഗവാൻ തന്നെ വന്ന് ആ കഥയൊക്കെ നാളെ രാവിലെ അനുസ്മരിക്കണ്ടല്ലോ പറഞ്ഞതുപോലെ ൂ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്യൂ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്യൂ അപ്പോൾ നാരദന്റെ പ്രശ്നം ഏറ്റവും നല്ല സൽക്കർമ്മയതാണെന്നായി അതിങ്ങനെ ആലോചിച്ച് കാണുന്നവരോടൊക്കെ ഒത്തിരി ബഹുമാന്യനാണെന്ന് തോന്നുന്നവരോടൊക്കെ എല്ലാവരെയും എല്ലാവരും മാന്യന്മാരാണ് സജനങ്ങളുടെ ദൃഷ്ടിയിൽ എങ്കിലും ചോദിക്കും ഏറ്റവും നല്ല സൽക്കർമ്മയതാ ഏറ്റവും നല്ല സൽക്കർമ്മ അതിന് മറുപടി കിട്ടിയത് നാരദ മഹർഷിക്ക് തൻ്റെ ജ്യേഷ്ഠന്മാരിൽ നിന്നാണ് സനകൻ സനന്ദനൻ സനാതനൻ സനൽകുമാരൻ ബ്രഹ്മദേവന് ബ്രഹ്മെന്ന് പറഞ്ഞാൽ അറിവാണ് അറിവിന്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ നാല് പുണ്യാത്മാക്കള് അവരാണ് പറഞ്ഞത് ഓരോരോ കാലദേശ അനുസൃതമായിട്ടാണ് ഒരു കാര്യം നല്ലതും ചീത്തയൊക്കെയാണത് കലിയുഗത്തില് കലൗ ത ഹരി കീർത്തനാൽ കലിയുഗത്തിലെ